വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ പിശാചുക്കളുമായി ഏകദേശം വരുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെത്തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തത്